ീഗുരു നമ ഹരി ഓമോധാവം ധനവദീം തേജോമയീ നൈഷ്ടീ സിദ്ധാവാം ഗവിഹിണ മന്ദസ്മൃത ശ്രീമുഖീമൃതവർഷിണീ സമധുരം സങ്കീർത്താടി ിന്ദുസസുന്ദര മഹാഗ്രജുഗ്രദക്ഷിമൂർവ്യാസം ജാനോക്രവാം തദ്ദേശോദിപത്തി എന്താണ് അനുവചനീയ വിദ്യ അതാണ് ചോദ്യം അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ അഭാവം ഞാനാഭാവം ഇതാണ് ഇതല്ലാതെ ശാസ്ത്രത്തിൽ പ്രസിദ്ധമായ ഒരു അനുവചനീയ വിദ്യ അങ്ങനൊന്നുമില്ല വിത്പത്തി അനുസരിച്ച് നോക്കിയാലും അനർവചനീയ വിദ്യ ശ്രദ്ധിക്കത്തില്ല വിത്പത്തി പരിശോധിച്ചിട്ട് എന്താ പറയുന്നത് വിദ്യ വിദ്യ എന്ന് പറഞ്ഞാൽ അവിടെ മൂന്നർത്ഥം വരാം ഏതൊക്കെയാണ് അഭാവം വിരോധി തതന് തദ്ഭാവം തദ്വിരോധി തദൻ ആദ്യത്തെ അർത്ഥത്തെ ആ വിദ്യ എന്ന് വെച്ചാൽ വിദ്യാഭാവം എന്ന് പറഞ്ഞാൽ എന്താ ദോഷം ഘടാഭാവം എന്ന് പറയുന്നത് പോലെയുള്ളു അഭാവർത്ഥം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനർവചനീയ വിദ്യ ശ്രദ്ധിക്കില്ല രണ്ടാമത് തദ്വിരോധി എന്ന് പറഞ്ഞാലോ സംശയവിപര്യാദികളും വിരോധിയാണ് പിന്നെ തർക്കം പറയുന്നതിനനുസരിച്ച് ആത്മാവിന്റെ വിശേഷ ഗുണമാണ് ഞാനും അതിനെ നശിപ്പിക്കുന്ന മറ്റു ഗുണങ്ങളും വിരോധികളാണ് അപ്പൊ അവിദ്യ എന്ന് പറയുന്നത് സംശയവിപര്യങ്ങളോ ആത്മാവന് മറ്റു വിശേഷ ഗുണങ്ങളോ ആകാം മൂന്നാമത്തെ വിത്പത്തി എന്താണ് തദന്യം ഇവിടെ ഒന്നും അനുവേദീയവിദ്യ എന്ന് ശ്രദ്ധിക്കത്തില്ല തതന്യം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യ അന്യം എന്ന് പറഞ്ഞാൽ എന്തവരും സമസ്തം സമസ്തവും ആവിദ്യുവരും വിദ്യയിൽ നിന്ന് അന്യം വിദ്യ ഒഴികയുടെ എല്ലാം എന്നാണ് അതുകൊണ്ട് പ്രസിദ്ധിയില്ല ഉപപത്തിയില്ല വിത്പത്തി അനുസരിച്ച് അനുവചനീയവിദ്യ സിദ്ധിക്കത്തിട്ട അത് പറയുന്നത് ലക്ഷണവും പ്രമാണ ലക്ഷണം എന്താണെന്ന് പറയുന്നു ജ്ഞാനിവർത്തിയം എന്ന് പറഞ്ഞാൽ പൂർവജ്ഞാനത്തിൽ പോകും പൂർവജ്ഞാനോ ഉത്തരഞ്ഞാ നിവൃത്തിയമാണ് അനാദിത്വ സ്ഥിതി ഞാനെന്നിവർത്തിന്ന് പറഞ്ഞാൽ എന്തുവരും ജ്ഞാനപ്രാഗഭാവം അനാദിയാണ് ഞാനെന്നിവൃത്തിയമാണ് ഞാൻ പ്രാഗഭാവം അതിപ്പോവും അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പ്രാഗഭാവമാണ് അല്ല അനുവചനീയവിദ്യ ഞാനപ്രാഗഭാവം അനുവചനീയ വിദ്യയല്ല ഇനി അനാദി ഭാവത്വസ്ഥിതി ഞാനെന്നുവർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പം എന്താണ് അനാദി അനാദിഭാവം എന്ന് പറയുമ്പോൾ ആകാശ സാധിക്കും അത് ഞാനെന്നുവർത്തിയാണ് അല്ല അല്ല ഇനി പ്രാചീന നിയായകന്മാരുടെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അനാദിഭാവമാണ് പരമാണുഗത ശ്യാമരൂപം അത് ഈശ്വര ഞാൻ നിവൃത്തിയവുമാണ് അനാദിഭാവത്വ സതി ഞാൻ നിവൃത്തിയത്വം എവിടെ പോയി എവിടെ പോയി പരമാണുഗതമായ ശ്യാമരൂപത്തിൽ അനാദിഭാവമാണ് ഞാനെന്ന് വൃത്തിയുമാണ് ഈശ്വര ഞാനെന്ന് അതാണോ വിദ്യ പരമാണുവിന്റെ സാമരൂപത്തേണോ അവധിയെന്ന് പറയുന്നു അല്ല അതുകൊണ്ട് എന്താണ് ലക്ഷണമില്ല ഇനി എന്ന് പറയുന്നു അനർവചനീയം അജ്ഞാനം അനർവചനീയമാണ് ഴിഞ്ഞാൽ എന്താ അനുവചനീയം പറയുന്നു നിർവചന അയോഗ്യം അനുവചനം എന്തെന്ന് വെച്ചാൽ പറഞ്ഞു നിർവചന നിർവചന അയോഗ്യം എന്ന് വെച്ചാൽ അനുവചനീയമാണോ നിർവചനീയമാണോ എന്താണ് നിർവചനീയം കാരണം അനർവചനീയം എന്തെന്ന് നിങ്ങൾ നിർവചിച്ചു അനുവചനീയം എന്താണെന്ന് നിർവചിക്കാമെങ്കിൽ അതിനുവോചനീയമല്ലോ അനർജനീയം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് നിർവചിക്കാൻ കഴിയാത്തത് പക്ഷേ നിങ്ങൾ അനുജോന്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു നിർവചന അയോഗ്യം നിർവചിച്ചപ്പോൾ അർവചനീയമല്ല അസാധ്യമുണ്ട് പിന്നെ പറയുന്നത് എന്താണ് ഭാവാഭാവ വിലക്ഷണം എന്ന് പറയാം അപ്പൊ ഭാവാഭാവം ഭാവം എന്ന് പറയുന്നത് ഷഡ് പദാർത്ഥങ്ങൾ അഭാവം എന്ന് പറയുന്നത് സപ്തപദാർത്ഥം അപ്പൊ ഭാവാഭാവ ഉഭയവെന്നൊരു പദാർത്ഥമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ ഭാവാഭാവ ഉഭയമില്ല അതുകൊണ്ട് തന്നെ ഭാവാഭാവ് ഉഭയവിലുണ്ടോ ഭാവഭാവ ഉപയോഗ വിലക്ഷണം വേണമെങ്കിൽ എന്തുവേണം എന്തുവേണം ഭാവാഭാവ് ഉഭയം വേണം ഭാവാഭാവ് ഉഭയവിലെന്ന് പറഞ്ഞാൽ ഭാവാഭാവ ഉഭയ ഭിന്നമെന്നാണ് ഭാവ ഭാവോഭയം സിദ്ധിക്കത്തില്ല ഒന്നുകിൽ ആറ് ഭാവം അല്ലെങ്കിൽ ഒരു ഭാവം എല്ലാത്തോണ്ട് ഉപയോഗ ലക്ഷണമെന്ന് സിദ്ധിക്കത്തില്ല ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് ഇന്ന് പറഞ്ഞിട്ട് മിക്കവാറും പേര് ആദ്യം കേൾക്കുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ഇതിനെ കുറിച്ചൊന്നും പിന്നെ ചിന്തിക്കുന്നില്ല നോക്കുന്നില്ല ആ ഇതിന് എന്താണോ ഈ പൂർവപക്ഷം മുഴുവൻ ഇനി ആവശ്യമായ വരും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്നെങ്കിൽ ഇനി ഉത്തരപക്ഷം പറയുമ്പോൾ എന്റെ കണക്ഷൻ കിട്ടാത്തേക്കപ്പോ ആ തുടക്കം മുതലുള്ള പൂർവപക്ഷങ്ങളെല്ലാം എപ്പോഴും കയ്യിൽ വേണം മനസ്സിലുണ്ടെങ്കിലേ പറയുന്നത് മനസ്സിലാകും അതൊരു കാര്യം രണ്ടാമത് ഞാൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരെന്നൊക്കെയാണ് അവസാനം ഇവിടെ വരുമ്പം ബുദ്ധി ഇല്ല വന്നു കഴിഞ്ഞാൽ അതും മോശമാവും ടുത്ത് പറയുന്നു ഭ്രമ ഉപാദാനം അങ്ങനെ പറയാം അനുരജനീയ അജ്ഞാനത്തിന്റെ ലക്ഷണം പറയാണ് എന്താണ് ലക്ഷണം ഭ്രമ ഉപാദാനം ഭ്രമത്തിന്റെ ഉപാദാനമാണ് അജ്ഞാനം എന്ന് പറഞ്ഞാലോ ഇത് പിന്നെ ആത്മന്യതിവ്യാപ്തി നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് ്രഹ്മത്തിന് ആത്മാവും കാരണമാണ് ആത്മാവിലല്ലേ ബ്രഹ്മം സംഭവിക്കുന്നു അല്ലേ കാരണം ജഗത്തിന്റെ ബ്രഹ്മത്തിന്റെ അധിഷ്ഠാനം എന്താണെന്നാണ് പറയുന്നത് ജഗത് വിഭ്രമത്തിന് അധിഷ്ഠാനം ആത്മാവാണ് ഇപ്പൊ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എവിടെ പോയി ആത്മാവിൽ പോയി അതാണോ അനുവൈനീയ ജ്ഞാനം അവിദ്യ ഭ്രമം ബ്രഹ്മത്തിന്റെ ഉപാധാണ് അജ്ഞാനം അത് ശരിയാണ് ആത്മന്യതി വ്യാപ്തി ഇനി നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് സ്വീകരിച്ചെന്നിരിക്കട്ടെ അതും തെറ്റാണ് അദ്വൈത സിദ്ധാന്തമായിട്ട് ജഗത്തിന് അധിഷ്ഠാനമായി സ്വീകരിച്ചിരിക്കുന്ന എന്തിനാണ് ബ്രഹ്മത്തിൽ ജഗത്ത് ബ്രഹ്മമാണ് അവിടെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് സത്യോപാദാന നിങ്ങൾ ജഗത്തിൻ്റെ ജഗത്ത് ഭ്രമമാണ് ജഗത്തിന്റെ അധിഷ്ഠാനമായി ബ്രഹ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സത്യമായതുകൊണ്ട് ജഗത്തും സത്യമാവും അല്ലേ മൃത്യൽ നിന്ന് ഘടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഘടമൃണ്മയമായിരിക്കും അങ്ങനെ തന്നെ വരത്തുള്ളൂ അതുപോലെ സത്യമായ ബ്രഹ്മത്തിൽ നിന്ന് ജഗത്തുണ്ടായാൽ ജഗത്ത് സത്യമായി അത് ബ്രഹ്മത്തിന്റെ ഉപാദാനമാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ പോകും ആത്മാവിനങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ദോഷമുണ്ട് അന്ന് സത്യോപാദാനത്തെ സത്യത്തെ ബ്രഹ്മത്തിന് ഉപാദാനമായി സ്വീകരിച്ചാൽ ബ്രഹ്മസ്യ സത്യത്വ പ്രസംഗമാകും ബ്രഹ്മം എന്ന് ശരി ബ്രഹ്മസത്യമായ എന്താ കൊഴപ്പം പിന്നെ നിങ്ങൾ മിഥ്യാജ്ഞാനോന്ന് പറയുന്നത് എന്തിനാ ബ്രഹ്മസത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിഥ്യ മിഥ്യ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ് മിഥ്യയില്ലാതെ ആത്മ ഉപാധാനം വിധിച്ചേ അതുകൊണ്ട് ആത്മാ ഉപാദാനം അല്ല എന്നാണെങ്കിലോ പറയുന്നു പറയുന്നു ഈ ജഗത്ത് ബ്രഹ്മത്തിന് അധിഷ്ഠാനമാണെങ്കിൽ ബ്രഹ്മസത്യവും പറഞ്ഞല്ലോ അത് അദ്വൈതയുടെ സിദ്ധാന് അദ്വൈത സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യുകയാണ് അതിന് സമാനം പറയുന്നു അത് പ്രശ്നമേ അല്ല ്രഹ്മ്യാപി സ്വരൂപസത്യത്വ ഭ്രമം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനമല്ലേ അത് സ്വരൂപേണ സത്യമാണ് എങ്ങനെ അദ്വൈത മതമനുസരിച്ച് പറയുന്നത് അദ്വൈതമനു മതമനുസരിച്ച് ഭ്രമം സ്വരൂപേണ സത്യമാണ് സത്യമാണ് എന്തുകൊണ്ട് പറയുന്നു നമ്മൾ സാധാരണ എന്താ പറയുന്നത് നേതം രജതം അല്ലേ എപ്പോഴാണോ ഏ എപ്പോഴാണോ ശുദ്ധിയുടെ ജ്ഞാനം ഉണ്ടാവുന്നത് ശുദ്ധിയുടെ ജ്ഞാനം ഉണ്ടാകുമ്പോ ആണ് പറയുന്നു നേദം രജതം എന്ന് പറയും അപ്പൊ അവിടെ എന്താണ് ഭ്രമമായത് ഏർ ജ്ഞാനത്തിന്റെ വിഷയം നേരത്തെ ജ്ഞാനത്തിന്റെ വിഷയമായിരുന്നെന്താണ് രജതം ഇപ്പൊ പറയുന്നു നേദം രജതം എന്ന് പറഞ്ഞാൽ രജതം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെ വിഷയമാണ് മിഥ്യായത് അതുകൊണ്ടാണ് പറയുന്നത് നേദം രജതം മറിച്ച് ഇങ്ങനെ പറയാനുണ്ടോ നേതം ജ്ഞാനം നേതം ഞാനം എന്ന് പറയാറുണ്ടോ എന്തുകൊണ്ട് ജ്ഞാനം തന്നെയാണ് ഇമ്പുണ്ടായിരുന്നത് ഇപ്പോഴും എന്താ പറയുന്നത് ഇപ്പോഴും ഇല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ ശുക്തിക ജ്ഞാനം ഇ എ ശുക്തികന്ന് പറയുമ്പോ അവിടെ ശുക്തികയുടെ ജ്ഞാനമാണ് അപ്പൊ നേതം ജ്ഞാനം എന്ന് പറയുന്നില്ല നേതം രചതെന്നേ പറയുന്നു അപ്പോ ബ്രഹ്മസ്ഥലത്ത് എന്താണ് പിന്നെ എന്തുകൊണ്ട് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു വിഷയാലംബനത്വം ജ്ഞാനത്തിന്റെ വിഷയം മിഥ്യ ആയതുകൊണ്ടാണ് ജ്ഞാനത്തിനെയും മിഥ്യാജ്ഞാനം എന്ന് പറയുന്നു ഇത് വിവരണ പഞ്ചപാതികാരന്റെ അഭിപ്രായമാണ് പഞ്ചപാതികാരന്റെ അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തൽക്കാലം പൂർവപക്ഷമായി തന്നെ പൂർവപക്ഷാൽ പഞ്ചപാതികാരന്റെ അഭിപ്രായം അനുസരിച്ച് സിദ്ധാന്തമാണ് ഈ പറയുന്നത് ധർമ്മസ്ഥലത്ത് വിഷയം മിഥ്യ ആയതുകൊണ്ടാണ് ജ്ഞാനത്തിന് മിഥ്യ എന്ന് പറയുന്നത് ജ്ഞാനം മിഥ്യല്ല വിഷയം മിഥ്യാവുന്ന നേതം രചതുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതുപോലെ നേതം ജ്ഞാനമെന്ന് പറയുന്നില്ല ജ്ഞാനം സത്യമാണ് അതനുസരിച്ചിവിടെ പറയാണ് സിദ്ധാന്തി തന്നെ പറയാണ് ബ്രഹ്മശ്യാപി സ്വരൂപ സത്യത്വ ബ്രഹ്മസ്വരൂപേണ സത്യം എന്ന് പറഞ്ഞാൽ വിഷയരൂപേണ മിഥ്യ ജ്ഞാനരൂപേണ സത്യം വിശദീകരിപഹാര വിഷയ അപഹാരം എന്ന് വെച്ചാൽ വിഷയബാധ വിഷയബാധ കൊണ്ടാണ് പറയുന്നത് മിഥ്യ എന്നുള്ള മിഥ്യജ്ഞാനം എന്ന് പറയുന്നത് വിഷയത്തിന് ബാധ സംഭവിക്കുന്നൊണ്ടാണ് വിഷയത്തിന്റെ ബാധ എങ്ങനെ സംഭവിച്ചോ നേതം രചിതം ഇതാണ് വിഷയ അപഹാരം അത് സംഭവിക്കുന്നതുകൊണ്ട് ആ ജ്ഞാനത്തെ എന്തു പറഞ്ഞു രചിതജ്ഞാനത്തെ മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് വിഷയ അപഹാരാധി വിഷയുടെ തത്ര മിഥ്യേതി വ്യവഹാരമോ ബ്രഹ്മസ്ഥലത്ത് മിഥ്യ എന്നുള്ള വ്യവഹാരം വരുന്നത് എന്ന സ്വരൂപ അപഹാര സ്വരൂപഹാരം എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ അപഹാരം കൊണ്ടല്ല ബാധ കൊണ്ടല്ല തഥാത്വേദാവം കാലം ഇതം രജതം ഇതി അഭാദിത്യനുഭവവിരോധ അപ്പൊ യഥാർത്ഥ ജ്ഞാനം ഉണ്ടായതിന് ശേഷം യഥാർത്ഥമായ ഞാൻ ഉണ്ടായതിന് ശേഷം അയാൾ പറയാണ് ശുക്തികയെ നോക്കിയിട്ട് പറയാണ് ഏതാകം കാലം ഇത്രയും സമയം എന്താണ് ഈ കാണുന്ന ശുക്തിക ഇതം രജതം ഇത് അഭാ ഇത് രജതം എന്ന് അറിഞ്ഞു പ്രകാശിച്ചു എന്നാണ് തന്റെ മുമ്പിൽ എന്താണോ ഇരിക്കുന്നത് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണേ ഇത്രയും കാലം എനിക്ക് ഇത് രജതം എന്ന് തോന്നി ഇത് ശുദ്ധിക്കുകയാണ് പക്ഷെ ഇത് രജതമെന്ന് തോന്നി എന്ന് പറയുമ്പം അവിടെ എന്തിനാ നിഷേധിക്കുന്നു ഇത് രജതം എന്നോട് എന്നെ നിഷേധിക്കുകയാണ് ഇത് രജതം എന്ന് ഞാൻ അറിഞ്ഞു പറയുന്നു കാശിച്ചു ഭാദീപ്തം എന്നറിഞ്ഞു അപ്പൊ ഇത് രജതം എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഇപ്പോ അറിയുന്നത് ഇയം ശക്തിക എന്നാണ് അതിനാ മനസ്സിലാക്ക ഇതുവരെ ഇതം രജവം എന്നറിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ അറിയുന്നത് ഇതം ശുക്തിക എന്ന് വെച്ചാ രജതം പോയി പിന്നെ അഭാദ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അറിഞ്ഞു ഇപ്പൊ എന്താ പറയുന്നത് ഭാമി ഞാൻ അറിയുന്നു അല്ലെങ്കിൽ ഭാതി ഇതി ഭാതിക ഇതി ഭാതി അതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ നേരത്തെ അബാധെന്ന് പറഞ്ഞു ഇപ്പോ ഭാതി എന്ന് പറയുന്നു ജ്ഞാനത്തെ കുറിച്ച് പറയുന്നിടത്ത് വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ മുമ്പ് പറഞ്ഞത് ഭൂതകാലത്ത് ഇപ്പോ വർത്തമാനകാലത്ത് രണ്ടിടത്ത് ജ്ഞാനത്തെയാ പറയുന്നത് അപ്പൊ ജ്ഞാനത്താ നിഷേധിച്ചോ നിഷേധിച്ചതിനെ നിഷേധത്തെ അതായത് ഇതം രജതം എന്നെനിക്ക് തോന്നി അപ്പോ ജ്ഞാനത്തിൻ്റെ ഭാഗത്തിൽ ക്രിയക്ക് ജ്ഞാനം ഇവിടെ ക്രിയ അതിന് മാറ്റമൊന്നുമില്ല വിഷയത്തിൻ്റെ ഭാഗത്താണ് മാറ്റം ഒന്ന് അതുകൊണ്ട് ബ്രഹ്മസ്ഥലത്ത് വിഷയം മിഥ്യ ആയതുകൊണ്ടാണ് അതിന് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് അല്ല ജ്ഞാനം മിഥ്യയായതുകൊണ്ട് ജ്ഞാനത്തിന് മാറ്റം തഥാത്യച്ച യഥാമന്തം കാലം ഇതം രചിതനുഭവ വിരോധ തഥാത്യെന്ന് പറഞ്ഞാൽ എന്താണ് അതാണല്ലോ നേരത്തെ എന്താ പറഞ്ഞത് ബ്രഹ്മി സ്വരൂപത്യത്വ അപഹാരാദ്ധി തീയ്യേ നൂപഹാര ജ്ഞാനം തന്നെ മിഥ്യയാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏതാതം കാലം ഇതം അപാദിത്യ അനുഭവ വിരോധ ഈ അനുഭവത്തിന് വിരോധം വരും എന്നുവെച്ചാൽ ഈ അനുഭവത്തിൽ ജ്ഞാനത്തിന്റെ അനുഭവത്തിൽ മിഥ്യാത്വജ്ഞാനം ഇല്ല വിഷയത്തിന്റെ അനുഭവത്തിൽ മിഥ്യാത്വജ്ഞാനം ഉണ്ട് ആ അതുകൊണ്ട് എന്ത് നിങ്ങൾ ലക്ഷണം പറയും അവസാനം പറഞ്ഞ ലക്ഷണം ഏതാണ് ബ്രഹ്മോപാദാനത്വം ഐശ്വര്യമല്ല അതിനു അനാദിഭാവത്വസ്ഥിതി ഞാൻ എന്ന് വർത്തിയെത്തും പിന്നെ എന്ത് പറഞ്ഞു അനാദി അനാദിത്വസ്ഥിതി ഞാനെന്ന് വർത്തിയെത്തും പിന്നെ എന്ത് പറഞ്ഞു ഞാൻ എന്ന് വൃത്തിയെത്തും ശരിയല്ല പിന്നെ എന്തു പറഞ്ഞു അനാദി അനിർവചനീയജ്ഞാനം പറഞ്ഞു അനാദി ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ ശരിയല്ല അസ്തുവായു കിഞ്ചിത് അഭിചാരി അഭിചാരിത രമണീയം ലക്ഷണം അപ്പൊ പൂർവേഷണ ശരി ഇത്രയും ലക്ഷണം പറഞ്ഞിട്ട് ശരിയായി അതുകൊണ്ട് അഭിചാരിത രമണീയം അഭിചാരിതേ രമണീയം ശരിക്ക് ചിന്തിച്ചില്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലക്ഷണത്തെ സ്വീകരിച്ചോളൂ ഏതായാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കാൻ എന്താണ് അനാദി അനുവചനീയം അത് സ്വീകരിച്ചോളൂ അല്ലെങ്കിൽ ഇത് സ്വീകരിക്കാൻ എന്താണ് അനാദി ഭാവത്വിശിജ്ഞാന നിവർത്തിയത് ഏതെങ്കിലും സ്വീകരിച്ചോളൂ എന്തുകൊണ്ട് ഇതെല്ലാം അവിചാരിതീ രമണീയമാണ് ശരിയായി വിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മനോഹരമായ ലക്ഷണങ്ങളാണ് അല്ല അത് സ്വീകരിക്കാൻ പൂർവപക്ഷി അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സ്വീകരിച്ചുകൊള്ളാൻ പൂർവപക്ഷിയാണ് എന്തായാലും ഒരു അനാദി അവധ്യ വേണ്ടേ അതിനൊരു ലക്ഷണം വേണ്ടേ വേണ്ടേ എന്നിരുന്നോട്ടെ പിടിച്ചോ അല്ല അപ്പൊ ഇതെല്ലാം ശരിയാകും എന്ന് തെളിയിക്കാനുള്ള ഒരു ഉദ്ദേശം സിദ്ധാന്തിക്ക് ഇത് ഓരോന്നും ശരിയാണെന്ന് തെളിയിക്കാൻ സിദ്ധാന്തിക്ക് സാധിക്കും അവസാനം അവസാന സിദ്ധാന്തിയുടെ കളി വരാൻ പോകുന്നു അത് കഥയുടെ അവസാനം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ രസം ശേഷം സ്ക്രീനിൽ പഴയ കാലത്ത് നോട്ടീസ് എടുക്കി സിനിമയുടെ നായകനും നായകനും കണ്ടുമുട്ടിയത് വരെ എഴുതും ശേഷം സ്ക്രീനിൽ ബാക്കി സ്ക്രീനിൽ ആൾക്കാർ പിന്നെ തിയേറ്ററിൽ കയറുന്നു പണി നിർത്തി പാച്ചുകൊടുത്താരാ തിയേറ്ററിൽ കയറുന്നു അല്ലെ ഇതിന്റെ ശൈലി മനസ്സിലാക്കാൻ ഈ പൂർവ്വപക്ഷങ്ങളെല്ലാം അവതരിപ്പിച്ചത് സിദ്ധാന്തി തന്നെയാണ് ദോഷങ്ങൾ ദർശിപ്പിച്ചതും സിദ്ധാന്തി തന്നെയാണ് ദിവസം സിദ്ധാന്തി എന്ന് പറയുന്നത് പൂർവ്വപക്ഷി സിദ്ധാന്തി ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പൂർവ്വപക്ഷി ഓരോന്നോരോന്നായിട്ട് ദോഷം പറഞ്ഞു അതെപ്പോ വേറെ ഒരു ലക്ഷണവും പറയാനില്ല അപ്പോ പൂർവക്ഷി പറയും ഏതെങ്കിലും ഒന്നും കൂടെ കൈയിരുന്നോട്ടെ അങ്ങനെ അനുവാദം കൊടുക്കണമല്ലോ സിദ്ധാന്തി പൂർവക്ഷി സിദ്ധാന്തിക്ക് അനുവാദം കൊടുക്കുന്നു സിദ്ധാന്തിയുടെ അനുവാദം എന്തിനാ സിദ്ധാന്തിയുടെ അനുവാദം വേണ്ട ഇത് കൈയിരുന്നോട്ടേന്ന് പറഞ്ഞ് കൊടുക്കുന്ന സിദ്ധാന്തി ഇപ്പൊ പരാജയപ്പെട്ടിരിക്കലക്ഷണവും പറ്റുന്നുണ്ടാവും എന്നാ ഏതെങ്കിലും ഒന്ന് ചോദിച്ചോ ഇല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ പൂർവക്ഷി കൊടുക്കുന്നതാണ് സിദ്ധാന്തിയുടെ അങ്ങനെ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാലും വസ്തുവ യവിചാരിതരമണീയ ലക്ഷണം തഥാപി തത്ര പ്രമാണം ഇനി പ്രമാണം പറയുക ലക്ഷണപ്രമാണാഭ്യാം വസ്തു രണ്ടും ശരി അപ്പോ സിദ്ധാന്തം പറയുന്നു അജ്ഞോഹം ഇത് അജ്ഞാനത്തിനാണോ പ്രമാണത്തിന് പ്രയാസം അനുഭവം തന്നെ പ്രമാണമെന്താണോ അജ്ഞോഹം ഇത് തന്നെ ഈ അനുഭവമാണ് പ്രമാണെന്തിന് അജ്ഞാനത്തിന് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഓർമ്മയിലിരിക്കണം സിദ്ധാന്തം പറയുന്ന ഭാഗത്ത് ഇവിടെ സിദ്ധാന്തം പറയുന്നിടത്തല്ല വേറെ എവിടെയെല്ലാം ജീവിതത്തിൽ ചർച്ച അവിടെയൊക്കെ ഇതിന്റെ ആവശ്യം ഇതുകൊണ്ടുള്ള വിചാരം പല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ് പല ഭാഗത്തും കാരണം ഇത്രയും വിശദമായും മറ്റൊരുടത്തും ചർച്ച ചെയ്തിട്ടുണ്ട് അജ്ഞോഹം ഇത് അനുഭവത്തിൽ ചെയ്ത പൂർവക്ഷി പറയും തസ്യ ജ്ഞാനാഭാവനാപത്തേഹേ അജ്ഞോഹം എന്ന് പറഞ്ഞാൽ എന്താണ് താർക്കീയൻ എന്താ പറയുന്നത് ആത്മാവിൽ ജ്ഞാനം ഉണ്ടായി അത് നശിച്ചു അപ്പൊ പറയുന്നു ആത്മാവിൽ ജ്ഞാനമില്ല അതാണ് അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനാഭാവം അജ്ഞോഹം എന്ന് പറയുന്ന അനുഭവമുണ്ട് അത് പ്രമാണമായിരിക്കുന്ന ജ്ഞാനാഭാവത്തിനാണ് എന്തിനല്ല അനുവദനീയമായ അവദ്യ പ്രമാണം ി ഉപത്തെ വിഷയമായും സിദ്ധിക്കുന്നു ഏത് ഈ അനുഭവം എന്നുവെച്ചാൽ ഞാനാഭാവത്തെ സിദ്ധിക്കുന്നു അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു പക്ഷെ അതെന്തിനാണ് സിദ്ധിക്കുന്നത് ഉപത്തിന്ന് ജ്ഞാനാഭാവത്തെ സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അനാദിത്വ ഭാവത്വോ ത്വതഭിമതയോഹോ അസ്യ അനുഭവന്യത്വ ഔദാസീന്യാ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അജ്ഞാനം എന്ന് പറയുന്നത് അനാദിയാണ് ഭാവരൂപമാണ് അജ്ഞോഹം എന്ന് പറഞ്ഞാൽ അവിടെ ഇതൊക്കെ പറയുന്നുണ്ടോ അജ്ഞോഹം എന്നുള്ള അനുഭവത്തിൽ അനാദിത്വം എന്നുള്ള അനുഭവമുണ്ടോ ഭാവരൂപെന്നുള്ള അനുഭവം ഉണ്ടോ അപ്പോൾ അജ്ഞോഹമെന്നുള്ള അനുഭവം ഇതൊന്നും വെളിപ്പെടുത്തുന്നില്ല എന്നർത്ഥം ഏത് അനാദിത്വത്തെ വെളിപ്പെടുത്തുന്നില്ല ദൂപത അത് ഉദാസീനമായിരിക്കുന്നു അനുഭവം പ്രമാണം പ്രമാണമാകണമെങ്കിൽ ഈ കാര്യത്തിനല്ല അനുഭവം ഇതിനെയൊക്കെ വെളിപ്പെടുത്തണം എന്നുവെച്ചാൽ അഹം അനാദി ഭാവ രൂപ അജ്ഞ അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ അഹം അനാദിഭാവരൂപ്ഞ അങ്ങനെ അനുഭവമില്ല ഇത്രയേ ഉള്ളൂ അജ്ഞോഹം അനാദിത്വം ഭാവത്വം മലജനീയത്വം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ അനുഭവം ഉദാസീനമാണെന്ന് വെച്ചാൽ അതിനെയൊന്നും ഇത് പരാമർശിക്കുന്നില്ല അതിനെയൊന്നും തൊടുന്നതേ ഇല്ല അപ്പൊ ഈ അനുഭവത്വം കൊണ്ട് എന്തേ ശ്രദ്ധിക്കത്തുള്ളൂ ഞാനാഭാവം അജ്ഞോഹം ഇത് തീർച്ചയായ അനദിത്വ യോ അതി അനുഭവനൌദാസീന് ശരി എന്ന പ്രസിദ്ധമായ ഉദാഹരണം പറയാം നാഭേ സുതോത്ഥിത നകുഞ്ചിതേ ദുഷം ഗാഠം മൂഢോഹമാസം ഇത് പരാമർശ അനുപത്തിസിദ്ധ സുഷു അനുഭവപ്രമാണം യജ്ഞോഹം എന്ന് പറയുന്ന ജാഗ്രതത്തിലെ അനുഭവമല്ലേ ഇത് വിടുക സുഷുപ്തികാലത്തെ അനുഭവം എടുക്കുക അവിടെ എങ്ങനെ അനുഭവം നകുഞ്ചിതവേ ദുഷം ഗാഠം മൂഢോ മാസം ഞാൻ മൂഢനായിരുന്നു ഗാഠമായ മൂഢ മൂഢതയിലായിരുന്നു എന്നുള്ള ഈ പരാമർശം എന്ന് വെച്ചാൽ സ്മൃതി എപ്പോ ജാഗ്രത്തിൽ സ്മൃതി വരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല വളരെ ഗാഠമായി ഉറങ്ങി എന്നുള്ള ഈ പരാമർശ അന്യഥാനുപത്യ ഇങ്ങനൊരു സ്മൃതി ജാഗ്രതത്തിൽ ഉണ്ടാകണമെങ്കിൽ സുഷുത്തിയിൽ ഗാഠമൂഢമായൊരു തപസ്സി തമസ്സിനെ അജ്ഞാനത്തെ അറിഞ്ഞിരിക്കുന്നു സുഷുത്തിയിൽ അങ്ങനെ ഒരു അജ്ഞാനത്തിന്റെ അനുഭവം ഉണ്ടാകാതെ ജാഗ്രത ഇങ്ങനെ ഒരു സ്മരണയുണ്ടാകുന്നു അതുകൊണ്ട് സുഷുത്തിയിലെ ഗാഠമൂഢമായ തമസിന്റെ അനുഭവത്തെ ജാഗ്രതത്തിൽ സ്മരിക്കുന്നത് അജ്ഞാനം അനാദിഭാവമാണ് എന്ന് പറഞ്ഞാലോ ഗാഠം മൂടോമാസം പരാമർശ സ്മരണ അനുപത്യ അന്യത അനുപത്യ അനുഭവം കൂടാതെ സ്മരണം ഉണ്ടാകത്തില്ല സ്മരണം അനുഭവം ഉണ്ടായിരുന്നു ഇതാണ് അന്യഥാനുപത്തി ഒരു പ്രമാണമാണ് അർത്ഥാപത്തി എന്ന് പറയും ആ പ്രമാണത്തിലൂടെ സിദ്ധമായതാണെന്ത് സൂഷ്ടികാലീനോ അനുഭവ സൂക്ഷിക്കാലത്തെ അനുഭവം വ്യാഘ്രത്തിലെ സ്മൃതി കൊണ്ട് സുഷ്ടികാലത്തിലെ അനുഭവം സിദ്ധമാകുന്നു അത് പ്രമാണമായി സ്വീകരിക്കുക ജാഗ്രത അനുഭവം വേണ്ടത് ശരിയാവും ഇത്രയും പറഞ്ഞ ശരിയാണത് നകിഞ്ചിത വേദിഷം ഗാഠം മൂഢോഹം നിങ്ങള് പറയുന്ന ഒക്കെ ശരിയാണ് ഇത് ഞാനാഭാവം എന്തായിക്കൂട ഒന്ന് പറഞ്ഞില്ലെന്നല്ലേ പറയുന്നത് സുഷത്തിൽ എന്താ ഉണ്ടായിരുന്നത് ഞാനാഭാവം അതിനു സ്മരിക്കുന്നു ജാഗ്രത എന്താ കുറവക്ഷ ചോദിക്കണം എന്ന് പറയുന്ന അനുവജനീയ അനാദി അവിദ്യ ഇങ്ങനെ ശ്രദ്ധിക്കും അനുഭവത്തെ സ്വീകരിച്ചാലും അനുഭവത്തിൽ നിന്നുള്ള സ്മൃതിയെ സ്വീകരിച്ചാലും ഇത്രേ പറയാൻ പറ്റും ഇങ്ങനെ ഒരു സ്മൃതി ഉണ്ടാവുന്നതുകൊണ്ട് സുഷ്ടത്തിൽ അപ്പോ ഒരു ചോദ്യം വരും സുഹൃത്തിയിലെ ജ്ഞാനാഭാവത്തെ ആരറിഞ്ഞു സാക്ഷി സാക്ഷിയുണ്ടല്ലോ സാക്ഷി അറിഞ്ഞു അതിനാണ് ഇപ്പൊ സ്മരിക്കുന്നത് സാക്ഷി ഇപ്പോഴും ഉണ്ടല്ലോ സാക്ഷി സ്മരിക്കുന്നു അദ്വൈതിയോട് പറയുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ പരാമർശി സാക്ഷിസിദ്ധമായ ജ്ഞാനാഭാവം അവിടെ എവിടെ നിന്ന് ജ്ഞാനാഭാവം വന്നു ജാഗ്രതത്തിലെ വിശേഷ അഭാവം സുഷുണ്ട് അദ്വൈതി പറയോ അദ്വൈതിക്ക് പറഞ്ഞുകൂടെ ജാഗ്രത്തിലെ വിശേഷ വിജ്ഞാനങ്ങളുടെ അഭാവം സുണ്ട് സാക്ഷി അതറിയുന്നു സാക്ഷിയുടെ മുമ്പിലാണ് ആ അഭാവം സാക്ഷിസിദ്ധമാണ് സ്മരിക്കുന്നു എന്താ ീമായ അനുവദനീയമായ അവിദ്യ എന്ന് പറയാൻ പറ്റില്ല അത് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല തൊന്മതി എന്ന് വെച്ചാൽ അദ്വൈതമത അവി സാക്ഷ്യസിദ്ധ്യാഭാവണെന്തോ സാക്ഷ്യസിദ്ധം അതിന്റെ പരാമർശം എന്ന് വെച്ചാൽ സ്മരണ ഉപദേഹി ൊരു അനുഭവത്തിലുള്ള സാധൂകരണം പോലെ അത് ഞാനാഭാവത്തിന്റെ സ്മരണയാണ് സാക്ഷിയനെ അനുഭവിച്ചത് ഇനി താർക്കം പറയണം നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ സമ്മാനം ഉണ്ടാക്കി ഇനി ഞങ്ങളുടെ അഭിപ്രായം കേട്ടോളൂ അസ്മന് മതേറ്റ് ഇതാനിയമേവ ജ്ഞാനാഭാവ അനുമീയമാനതയാ പരാമർശ ആ സമ്പ്രതിപത്തേ അഭിപ്രായത്തിൽ അവിടെ ജ്ഞാനാഭാവത്തിൻ്റെ അനുഭവം ഉണ്ടായി ഇപ്പൊ സംഭവിക്കുന്ന സ്മൃതിയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സ്മൃതി എന്ന് അവിടെ ഒരു സാക്ഷിയുണ്ടായിരുന്നു ജ്ഞാനാഭാവം സാക്ഷിസിദ്ധമായി സാക്ഷിപ്പസ്മരിക്കും ഞങ്ങളെ സംബന്ധിച്ച് സാക്ഷി എന്ന് പറയുന്ന ഒരു ഇടപാടൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് എന്താ ഉള്ളത് അനുമാനം ഏഹ് അനുമാനം ഒരാത്മാ അപ്പോ അവിടെ ജ്ഞാനാഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോ ജാഗ്രതത്തിൽ വന്നിരുന്ന് അനുമാനിക്കുകയാണ് അനുമാനിച്ചിട്ട് പറയണം എന്താണ് സുഹൃത്തിയിൽ വിശേഷം ഞാനൊന്നും ഉണ്ടായില്ല അത് ശരിയാണ് ഞങ്ങൾ ജാഗ്രത്തിൽ അതാണ് അസ്മത ഇതാനിയമേ വന്നു വെച്ചാൽ ജാഗ്രത അനുമീയമാനത്തയാത്തെ അനുമാനിക്കപ്പെടുന്നു അനുമീയമാണ് എന്തു പറയുകയാണ് കർമ്മ ചെയ്യുന്ന ദീർഘം എങ്ങനെ ഒന്ന് ലഭിച്ച ഈത്വം വരുന്നു അനുമീയമാണ് അനുമാനിക്കപ്പെടുന്നുണ്ട് അപ്പോ അനുമാനം ഞങ്ങൾ നടത്തുന്നത് ഇവിടെ ഞാനാ അഭാവം സംഭവിച്ചതവിടെ അവിടെ എവിടെ അവിടെ അനുമാനമൊന്നും സാധ്യത ഉണർന്നതിന് ശേഷം ഇപ്പൊ ഞങ്ങളിരുന്ന് അനുമാനിക്കുകയാണ് അവിടെ ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു അസ്മതേജ ഇതാനീമേവ ജാഗ്രതത്തിൽ തന്നെ ജ്ഞാനാഭാവശ അനുമീയമാനതയാ പരാമർശ അസംപ്രതിപത്യഹയെ അതുകൊണ്ട് പരാമർശം ശ്രദ്ധിക്കുന്നില്ല നിങ്ങളീ പറയുന്ന സ്മൃതി എന്ന് പറയുന്ന ഇവിടെ ഇല്ല അപ്പോ ഇവിടെ അദ്വൈതി പറയുന്നത് ജാഗ്രതത്തിലിരുന്നുള്ള സ്മൃതിയാണ് ആർക്കെയും പറയുന്നത് ഇത് അനുമാനമാണ് അതിന് അനുമാനം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇനി നമ്മൾ ചർച്ച ചെയ്യും ഏതൊക്കത്തരു